അവരുടെ പിതാവ് കൽപ്പിച്ചതുപോലെ അവർ പ്രവേശിച്ചപ്പോൾ അള്ളാഹു സുബഹാനഹുഅത്തലായുടെ തീരുമാനത്തിൽ നിന്ന് അതവർക്ക് യാതൊരു ഉപകാരവും നൽകിയില്ല എന്നാൽ യാക്കൂബ് അലി ഹിസ്സലാമിന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരാവശ്യം അദ്ദേഹം പൂർത്തിയാക്കി തീർച്ചയായും ഞങ്ങൾ അദ്ദേഹത്തെ പഠിപ്പിച്ചതുകൊണ്ട് അദ്ദേഹം അറിവുള്ളവനാകുന്നു എന്നാൽ മനുഷ്യരിൽ അധിക അറിയുന്നില്ല